ൈഭവോ യഞ്ചാജന പാഞ്ചുഷ്യാസോ പ്രഹ്ലാദി പ്രമാണം ഐ സൌശ് ശരീന്ദ്രുന്ദരതാത്മിഡാമണി യോഗതിരക്ഷിണാർത്വ്യാസംകരശംസിതം ജാനമുണ്ടേ വിക്തപരിവത്തിൻ ദാർമ്മതാത്മം സർവ്വപ്രദൽ പ്രവാചകായ ഭയ ഭയ കുടുംബന്നാ പ്രത്യേക തത്വപ്രതി വിദാ ദുഷാ ധമാന കിന്നമബഹവാനാരായേ നമരക്തമോ നിചിന്തായ സ്വസ്ഥാ രക്ഷിതാത്മനി സ്വ സ്വപ്രകാശ ലക്ഷണങ്ങൾ പറഞ്ഞതു അതെ അതെ അതെന്തോ ദോഷമാണ് പറഞ്ഞതു ആദ്യം അതാണോ പറഞ്ഞത് ഏ ആദ്യം പറഞ്ഞ ദോഷം എന്താണോ അതാണ് ആദ്യം പറഞ്ഞത് ഈ ആദ്യം പറഞ്ഞ മറന്നു പോരുത് അപസിദ്ധാന്തവും അതാണോ പറഞ്ഞത് ആണോ ആണോ ആ മോക്ഷദശയിൽ ലക്ഷണം ലക്ഷണം അവിടെ ഇരിക്കുന്നില്ല മോക്ഷദശയിൽ പിന്നെ എന്താണ് അവസിദ്ധാന്തം എവിടെയാവുന്നത് എങ്ങനെ വന്നു സംസാര അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തു പറഞ്ഞു എന്താണോ ഇതെങ്ങനെയാണ് ദോഷത്തെ പരിഹരിച്ചത് അതിന് ഉത്തരം കിട്ടണം എന്താണോ പറഞ്ഞത് രണ്ട് ദോഷങ്ങൾ പറഞ്ഞാലെ പരിഹരിച്ചു പറഞ്ഞ സ്വരൂപമായി എടുത്തു കഴിഞ്ഞാൽ അതാണോ ഈ പഴയ ബന്ധം പെട്ട ശരി സംസാര ദിശയിലുള്ള ധർമ്മം കാൽപ്പനികമായതുകൊണ്ടാണ് അതാണ് ആദ്യം പറഞ്ഞത്വം യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം എന്നർത്ഥം പറഞ്ഞ് ഒരു ദോഷം പരിഹരിച്ചു രണ്ടാമത് പറഞ്ഞത് എന്താണ് സംസാര ദിശയില് കാൽപ്പനിക അപ്പൊ ആ ദോഷത്തെ പരിഹരിച്ച് എങ്കിലും അടുത്ത് ചോദിക്കണം അവസരോഷാര വിഷയത്വം എന്ന് പറയുന്നതിന്റെ അടുത്ത് എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്യോന അതിന്റെ തലപ്രയോജനത്തെ കുറിച്ച് മറ്റേ ലക്ഷണത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് രണ്ടു ദോഷം അവ്യാപ്തിയും അവസിന് സമാനം പറഞ്ഞതിനു ശേഷം അപരോക്ഷം എന്തിനു പ്രയോഗിച്ചു ആ പദത്തിന്റെ പ്രയോജനം എന്തോന്ന് അപരോക്ഷഹാരോഗ്യത്വം എന്നുള്ള പദം എന്തിനു പ്രയോഗിച്ചു എവിടെ അതിവ്യാപ്തി മാത്രം പറയുന്നു എവിടെയാണ് അതിവ്യാപ്തി ധർമാദികളിൽ മറ്റൊരു ലക്ഷണം പോകും അവരോഷകാര യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ പോകും അതില്ലെങ്കിൽ അതില്ലെങ്കിൽ ധർമാദികളിൽ പോകും അപ്പൊ അപരോഷവാര യോഗ്യത്വം എന്ന് പറഞ്ഞത് ധർമാദികളിൽ അതിവ്യാപ്തി ഒഴിവാക്കി പോകാതിരിക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി എന്ത് ചേർത്തോ അവേദ്യത്വം ചേർത്തു അപ്പൊ അവേദ്യത്വസിലേ അപരോക്ഷകാരോഗ്യത്വം എന്ന് പറയുമ്പോൾ എന്തുവരുന്നു ധർമാദികളിൽ പോകുന്നുണ്ട് അവേദ്യവും വേണം അപരോഷകാര യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികൾ അവേദ്യമാണെങ്കിലും അതിൽ അപരോഷകാര യോഗ്യത്വം ഇല്ലാത്തത് കൊണ്ട് അതിൽ പോകുന്നുണ്ട് മാത്രം പോരേന്ന് ചോദിച്ചു അതിനെന്ത് സമാനം പറഞ്ഞു അതി വ്യാപ്തിയോടെ വരുന്നു അവഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അതിന്റെ പ്രയോജനം അവയോജനം ധർമാദികളെ പോകാതിരിക്കുന്നു അപ്പോഴാണ് പൂർഷ് പറയുന്നത് ധർമാദികൾ ശ്രുതി വേദ്യമാണ് അതിൽ പോവാതിരിക്കാൻ വേണ്ടി അവേദ്യത്വത്തിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള വേദ്യം അവേദ്യം എന്ന് പറയുന്നതിന് അവേദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫലവ്യാപ്തിത്വമാണ് ധർമാദികൾ അതില്ലാത്തുള്ളത് അവേദ്യമാണ് അപ്പൊ അവൈദ്യം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ പോവും അതുകൊണ്ട് അപരോഷരോഗ്യത്വം വേണം കേവലം അപരോഷരോക്വന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോവും പടാദികളിൽ പോകും അതുകൊണ്ട് വേണം അപ്പൊ അവൈധ്യത്വത്തിന്റെ പ്രയോജനം എന്തിനുവേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനുവേണ്ടി ഘടാദികളിൽ ഉണ്ടാകുന്ന എന്നാൽ അവർ അവൈദ്യത്തിന്റെ പ്രയോജനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലാതെയുള്ള ലക്ഷണത്തിൽ വരുന്ന ദോഷത്തെ പരിഹരിക്കുക അവൈദ്യത്വില്ലാതെ വരുന്ന ലക്ഷണ ദോഷവും ആരോഗ്യത്വം അതിന്റെ ദോഷം വരുന്ന ഘടകാതികളിൽ പോകുന്നു അത് പരിഹരിക്കുന്നതിന് അവൈദ്യത്വം അവൈദ്യത്വത്തിന്റെ പ്രയോജനം എന്തെന്ന് ചോദിച്ചു ആ പരോക്ഷവാര യോഗ്യത്വത്തിന്റെ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലാതെ ലക്ഷണം പറയുമ്പോൾ വരുന്നത് പക്ഷെ അതില്ലാതെ വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് അവേദ്യത്വമാണ് അത് എവിടെ പോകുന്ന ധർമാദികളെ പോകുന്നു അഭിവ്യാപ്തി വരുന്നു രണ്ടും വേണം ഇത ചർച്ചയാണ് അവേദ്യത്വം വേണംവാരം വേണം വരുന്നു ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ വർഷം വന്നത് ധർമാദികളെ അവിടെ ഇടയ്ക്ക് ചർച്ച മാറിപ്പോയി എന്താണ് ചർച്ച മാറിപ്പോയത് ധർമാദികൾ എങ്ങനെ അവേദ്യമാകും അതിലേക്ക് പോയി ലക്ഷണത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ധർമാദികൾ എങ്ങനെ അവേദ്യമോ എന്തുകൊണ്ടാകത്തില്ല അത് യോഗിക്ക് പ്രത്യക്ഷമാണെന്ന് പിന്നെ അത് അയോഗ്യമായതുകൊണ്ട് യോഗി പ്രത്യക്ഷം അല്ല എന്തുകൊണ്ട് അതങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ പരമ്പരയിൽ ആചാര്യനാണ് വൈദികാചാര്യനാണ് കുമാരുടെ വട്ടം പറഞ്ഞത് എത്രത്യതിശയോദിഷ്ട എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതെന്താണ് ധർമാദികളെ അവേദ്യം തന്നെ അവൈദ്യത്യോക്ഷകാര വിഷയത്വം വന്നുകഴിഞ്ഞാലും ഇത്രയും ലക്ഷണമായാലും വരുന്നു ഇവിടെ അജ്ഞാനം അന്ധക്കണ്ണം തദ്ധർമ്മ ഇച്ഛാദി ശുതിരഹിതാ ഇത്രയും സ്ഥലങ്ങളിലും അതെ അജ്ഞാനം അന്ധക്കണ്ണം തദ്ധർമ്മാദി ശുപ്തിരഹിതാദി ഇവിടെയൊന്നും തന്നെ ഫലവ്യാപ്തിയില്ല അതുകൊണ്ട് അഭേദ്യമാണ് ഇവിടെ എല്ലായിടത്തും തന്നെ പൂരോക്ഷി പറയുന്ന അനുസരിച്ച് അപരോക്ഷ ഉപാരയോഗ്യത്വമുണ്ട് കാരണം അഹമജ്ഞ അഹം സുഖി അയം അയം സർപ്പ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടോ അതുകൊണ്ട് ഇതെല്ലാം അപരോക്ഷ്യമാണെന്ന് അപ്പൊ അവിടെ ലക്ഷണം പോവാതിരിക്കാൻ വേണ്ടി അദ്വൈതി പറയുന്നത് ലക്ഷണത്തിൽ പരിഷ്കരിക്കുകയല്ല പിന്നെന്താ ചെയ്യുന്നത് അർത്ഥം അപരോക്ഷ വ്യവഹാരോഗ്യത്വം ർത്ഥമാക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അജ്ഞാനാദികളൊന്നും തന്നെ അപരോക്ഷോഗ്യമായ സംഗതികളല്ല എന്തുകൊണ്ട് ഏ സാക്ഷി എന്തുകൊണ്ട് ഏ ആ അതാണ് അതായത് ഈ പറയുന്ന ഒന്നിലും തന്നെ ാർക്ക് സന്യാഷം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെയൊന്നും തന്നെ ചിതാഭാസൻ പ്രകാശിപ്പിക്കുന്നില്ല ഇവിടെ അവരുടെ അടുത്തും തന്നെ എന്തില്ല ഫലവ്യാപ്തില്ല പിന്നെ ഇതിന്റെയൊക്കെ പ്രത്യക്ഷ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു എന്നത് അധ്യസ്ഥമായിരുന്നു ദ്ധ്യസ്ഥ അധ്യാസം കൊണ്ട് മാത്രമാണ് ഇതിന്റെ പ്രത്യക്ഷമുണ്ടാകുന്നത് അധ്യാസം കൊണ്ട് പ്രത്യക്ഷം ഉണ്ടാകുമ്പോ എന്തുകൊണ്ട് അപരോക്ഷ വ്യവഹാരം ഉണ്ടാകുന്നു സാക്ഷിന്ന് സാക്ഷി അപരോക്ഷമാണ് സാക്ഷി ഇതിനെയൊക്കെ സാക്ഷിയുടെ അപരോക്ഷത ഇതെല്ലാം അതുകൊണ്ട് ഇതില് അപരോ അപരോക്ഷ ശരി സാക്ഷി അപരോക്ഷം സാക്ഷി ഭാസ് സാക്ഷി അപരോക്ഷവും സാക്ഷി ഭാസ്യവും ഒന്ന് അതല്ല സാക്ഷി അപരോക്ഷമാണ് സാക്ഷി ഭാസ്യം എന്ന് പറയുമ്പം അജ്ഞാനാന്തകരണാധികൾ സാക്ഷിയുടെ വിഷയം രണ്ടു ഒന്നല്ല സാക്ഷിയുടെ വിഷയത്തെയാണ് എന്ന് പറയുന്നത് സാക്ഷ്യം എന്ന് പറയാം സാക്ഷി ഭാഷ ഭാസ്യം എന്നെല്ലാം പറയാം അത് സാക്ഷിയല്ല വാസ്തവ അപരോക്ഷം എന്ന് പറയുന്നത് എവിടെയുള്ളൂ പക്ഷെ ഇവയിലെല്ലാം അപരോക്ഷത അനുഭവപ്പെടുന്നുണ്ട് അപരോഷം സാക്ഷ്യത്തിൽ അപരോക്ഷത അനുഭവപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് അതിന് സമാനം പറയുന്നു സാക്ഷിയിലത് അധ്യസ്ഥം അതുകൊണ്ട് സാക്ഷിയില അപരോക്ഷത അതിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് അത് അധ്യസ്ഥമാണ് വാസ്ത അപരോക്ഷം അല്ല അത് സാക്ഷി വ്യവഹാരങ്ങൾ യോഗ്യമല്ലാത്തതുകൊണ്ടാണ് വാസ്തവത്തിൽ അപരോക്ഷം അല്ലാന്ന് പറയുന്നത് യാതൊരുവിധ വ്യവഹാരങ്ങൾക്കും സാക്ഷി യോഗ്യമല്ലാത്തതുകൊണ്ടാണ് പരോക്ഷമെന്നോ അപരോക്ഷമോന്നോ ഒന്നും പറയാൻ പറ്റാത്തോണ്ടാണ് സാക്ഷിയെ അപരോക്ഷമായി ഒന്നേ ഉള്ളൂ ഏത് സാക്ഷി സാക്ഷി അതിൽ തൊട്ടുകള സുതുക്കാദികളിലുള്ള അപരോഷതയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിലങ്ങനെ അപരോക്ഷത വന്നു സാക്ഷിയിൽ അധ്യസിച്ചിരിക്കുന്നോണ്ട് സാക്ഷിയുടെ അപരോക്ഷത അന്യോന്യ അധ്യാസം അതിൽ വന്നിരിക്കുകയാണ് അപ്പൊ അപരോക്ഷം എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അതിനെന്തുകൊണ്ട് അപരോക്ഷമായി സ്വീകരിച്ചുകൂടാ സ്വീകരിച്ചാൽ അതിൽ ലക്ഷണം പോവും അത് വേറെ കാര്യം അതിനാണ് പറയുന്നത് അപരോക്ഷ വ്യവഹാരം ഉള്ളതുകൊണ്ട് അപരോക്ഷമായി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അപരോക്ഷ വ്യവഹാര യോഗ്യതയില്ലാത്തിടത്തും അപരോക്ഷ വ്യവഹാരം അനുഭവപ്പെടുന്നുണ്ട് വിടെ അപരോക്ഷ വ്യവഹാര യോഗ്യത ഉണ്ടെന്ന് പറയാൻ പാടില്ല ഇത്ര പറയാൻ പറ്റും എന്താണ് അവിടെ അപരോക്ഷ വ്യവഹാരം അനുഭവപ്പെടുന്നുണ്ട് അപരോക്ഷ്യവഹാ അനുഭവപ്പെടുന്നുള്ളത് കൊണ്ട് ഉണ്ടെന്നർത്ഥമുണ്ട് അനുഭവപ്പെടുന്നു ഉണ്ടെന്നുള്ള വ്യവഹാരമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്ത് സുഖി ദുഃഖി എന്ന് അപരോഷമായി പറയും അപ്പോ അപരോക്ഷ വ്യവഹാരം അനുഭവപ്പെടുന്നു ഇത്രയേ ഉള്ളൂ അപ്പോ അപരോക്ഷ വ്യവഹാരത്തിന് യോഗ്യമല്ലാത്ത ഒന്നിൽ അപരോക്ഷ വ്യവഹാരം അനുഭവപ്പെടുന്നു അപരോക്ഷ വ്യവഹാരത്തിന് യോഗ്യമല്ലാത്ത സുഹൃക്കാദികളിൽ അപരോക്ഷ വ്യവഹാരം അനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് അതുപോലെ ഈ പ്രപഞ്ചം സദ്വ്യവഹാരത്തിന് യോഗ്യമല്ലാത്ത പ്രപഞ്ചത്തിൽ എന്തുവരുന്നു അസുഖത്തിൽ സത്ത് എവിടെ എന്താണ് സത്തെ പ്രപഞ്ചം സദ്വ്യവഹാരത്തിന് യോഗ്യമല്ലെങ്കിലും അവിടെ സദ്വ്യവഹാര യോഗ്യത അനുഭവപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ബ്രഹ്മത്തിന്റെ സത്ത ബ്രഹ്മത്തിൽ അത് അധ്യസിച്ചിരിക്കുന്നു ബ്രഹ്മസത്ത അതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ബ്രഹ്മം സാക്ഷി സാക്ഷിയും ബ്രഹ്മവും രണ്ടല്ല അത് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അതിന് പേര് വന്നു സാക്ഷി എല്ലായിടത്തും ഇരിക്കുന്നുണ്ട് അതിനെന്ത് പറയുന്നു ബ്രഹ്മം ബ്രഹ്മം കോടതിയിലെ സാക്ഷിയല്ല ോക്ഷ വ്യവഹാര അനുഭവം ഉണ്ടെന്നേയുള്ളൂ അല്ല ശരിക്കും അവിടെ അപരോക്ഷത ഇല്ല അതങ്ങനെ ഒന്നില്ലാത്തതിന്റെ അനുഭവം എങ്ങനെ ഉണ്ടാകും ഒരുപക്ഷെ പറയുന്ന അനുഭവം ഉള്ളത് കൊണ്ട് അതിനീകരിക്കുക നമ്മളെല്ലാ കാര്യങ്ങളും അനുഭവം കൊണ്ടാകും നമ്മളെല്ലാവരും പറയും എന്റെ അനുഭവമാണ് അനുഭവം കൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു അതെല്ലായിടത്തും ശരിയാകത്തില്ല അനുഭവം ഉണ്ട് അതുകൊണ്ട് അത് അംഗീകരിക്കും നെഞ്ചത്തടഞ്ഞള്ളിയ മനുഷ്യൻ പറയുന്നുണ്ടാണിതെ അനുഭവമാണ് നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അല്ലേ പറയുന്നു നിനക്ക് പട്ടാണോ എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ നിനക്കിത് അനുഭവപ്പെടുന്നത് നിനക്ക് പട്ടുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ ആള് പറയും ലോകത്തോട് എല്ലാവർക്കും പട്ടാണ് എനിക്ക് എല്ലാവർക്കും എന്ന് പറയും ഇതാണ് മനുഷ്യന്റെ മൂഢത എന്ന് പറയുന്നത് അനുഭവം ഉള്ളത് കൊണ്ട് സത്യം അംഗീകരിക്കാൻ പറ്റില്ല അതെന്താണ് പറഞ്ഞത് എന്താണ് എന്തു പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇവിടെ പറഞ്ഞു എന്താണ് പറഞ്ഞത് രജിതാദി വ്യവഹാരദിവ്യവഹാര അയോഗ്യ വി ശുക്തി സകലാദോ രജിതാദി വ്യവഹാര ദർശന അപ്പോ വ്യവഹാര അയോഗ്യമായ ഒന്നിടത്തും വ്യവഹാരം വെച്ചാൽ അനുഭവം ശബ്ദപ്രയോഗം ഇതിനെല്ലാം അയോഗ്യമായിരിക്കുന്ന ഒരു വിഷയത്തിലും അനുഭവം ഉണ്ടാവാം ശബ്ദപ്രയോഗം ഉണ്ടാവാം അതുകൊണ്ടത് ഉണ്ട് എന്നാരും പറയരുത് സത്യമാണെന്ന് പറയാൻ പാടില്ല ഇത് പറയുന്നത് അദ്വൈനിയുടെ സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സിദ്ധാന്തവും മറ്റേളെ ബോധ്യപ്പെടുത്തണമല്ലോ തർക്കിച്ച് അവർ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്പാൽപ്പം നമ്മുടെ സിദ്ധാന്തങ്ങളിലൂടെ അങ്ങോട്ട് കൊടുക്കുക അവർ പറയുന്നത് ശരിയല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക അസയം നമ്മുടെ ആശയം കൂടെ അവർ മനസ്സിലാക്കി കൊടുക്കുക പെട്ടെന്ന് മനസ്സിലാകത്തില്ല ദഹിക്കത്തില്ല കുറേശ്ശെ കുറെശ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയാണത് മനസ്സിലാക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ച് അവന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും അപ്പോ ശരി അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം അപരോക്ഷ്യവഹാരോഗ്യതയില്ലാത്ത സുഖാദികളിൽ അപരോക്ഷ്യവഹാരം അംഗീകരിക്കും വൈദ്യുത്വസ്ഥിതി അപരോക്ഷഹാരോഗ്യത് ശരിക്കും സുഖാദികളിലും അജ്ഞാനത്തിലൊന്നും ഇല്ലെന്നും അംഗീകരിക്കാം അവിടെ പോകത്തില്ല ലക്ഷണം ദോഷം പരിഹരിച്ചു എന്ത് ദോഷം വന്നത് അതിവ്യാപ്തി ദോഷം പരിഹരിച്ചു പക്ഷെ വേറൊരു ദോഷം വരും എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ദോഷത്തെ മാറ്റുന്നത് മറ്റൊരു ദോഷത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ദോഷം എന്താണ് വസതി അവിദ്യത്വവിശേഷണേദ്യമസ്മതേ തിരസ്തയാ നിങ്ങളീ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവേദ്യത്വ വിശേഷണത്തിന്റെ ആവശ്യമേ ഇല്ല അവേദ്യത്വം എന്തിനാ ചേർത്തത് ഘടാദികൾ കാരണം അവേദ്യത്വം വിട്ടുകഴിഞ്ഞാൽ അപരോക്ഷഹാരോഗ്യത്വം ഘടത്തിൽ പോകും അല്ലേ അത് പരിഹരിക്കാനാണ് അവഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒന്ന് അപരോക്ഷോപകാരോഗ്യമല്ല സോതുക്കാദികളുടെ ജസ്തത്വമുണ്ട് ഈ പ്രപഞ്ചമോ അധ്യസ്ഥമല്ലേ അപ്പൊ അവിടെ അപരോക്ഷ ഉപകാര യോഗ്യത്വം ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ അതെന്തിനാ ലക്ഷണത്തിൽ അതിന്റെ ആവശ്യം എന്തോ എന്ത് മതി അപരോക്ഷ വ്യവഹാരം അവേദ്യത്വം മതി വഹാരോഗ്യത്വം എന്നും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഘടകം അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അവൈദ്യത്വം ചേർക്കും ഇന്നും അപരോക്ഷ വ്യവഹാര യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ഘടകികളിൽ പോകത്തില്ല എന്തുകൊണ്ട് അതൊന്നും തന്നെ അപരോക്ഷ വ്യവഹാരോഗ്യമല്ല നിങ്ങളുടെ യുക്തി അനുസരിച്ച് അതെല്ലാം അധ്യസ്തമാണ് സോതുക്കാദികൾ മാത്രമാണോ അധ്യസ്ഥം പ്രപഞ്ചം അധ്യസ്ഥേ അധ്യസ്ഥമാണെങ്കിൽ പിന്നെ എങ്ങനെയാ അധ്യസ്ഥമാണ് നേരത്തെ ഹേതു എന്താ പറഞ്ഞത് അധ്യസ്ഥമായതുകൊണ്ട് അപരോക്ഷ വിഹാര യോഗ്യമല്ല എന്ന എന്തുകൊണ്ടല്ല എന്ന് പറയുക കാരണം അപരോക്ഷത അതിലില്ല അപരോക്ഷത ഉള്ളത് ബ്രഹ്മ സാക്ഷിയിലാണ് അന്യോന്യ അധ്യാസം കൊണ്ട് അതിൽ അപരോക്ഷത വന്നിരിക്കുകയാണ് ഇല്ല അതിന് പറഞ്ഞ ഹേതു എന്താണോ അധ്യസ്ഥം അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം അധ്യസ്ഥമാണ് പ്രപഞ്ചത്തിൽ അപ്രോക്ഷാരോഗ്യത ഇല്ല പെടാതികളിലില്ല അപ്പൊ ലക്ഷണം എന്ത് മതി അവർത്ഥം നേരത്തെ വിശദീകരിച്ചെന്താണോ ഫലവ്യാപ്തി ഇല്ലാതിരിക്കുക ബ്രഹ്മത്തിൽ ഫലവ്യാപ്തി ഇല്ല ലക്ഷണം സമന്വയിക്കുന്നു ഓക്കേ യാതൊരു ദോഷവും ഇല്ല ക്ഷമാണ് അവിടെ വൃത്തിയെ സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ബലവ്യാപ്തി ഉണ്ടായിരുന്ന ബ്രഹ്മാകാര വൃത്തി ബ്രഹ്മത്തിലുണ്ട് പക്ഷെ ബലവ്യാപ്തി ഇല്ല അതുകൊണ്ട് അവേദ്യമാണ് ലക്ഷണ സമന്വയിച്ചു അപരവക്ഷ യോഗ്യത്വം അതിന്റെ ആവശ്യമില്ല കാരണം അത് ഘടാതികളിലെ അതിവ്യാപ്തി ഒഴിവാക്കാനാണ് ഘടാതികളുടെ ഒന്നും അപരോഷകാര യോഗ്യത്വമില്ല അതുണ്ടെങ്കിലേ അവിടെ ലക്ഷണം പോകത്തുള്ളൂ അപരോഷകാര യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ഘടത്തിൽ പോകണമെങ്കിൽ അദ്ദേഹം വേണം അതൊക്കെ അപരോഷകാര യോഗ്യമായി ഇപ്പൊ അതൊന്നും അപരോഷകാര യോഗ്യല്ല എന്ന് പറഞ്ഞു അവിടെയൊന്നും ലക്ഷണം പോകുന്നില്ല അവരെ ഒരേ ഏഹ് അത് മതി അത് സ്വീകരിച്ചാ ശരിയായില്ലേ ഏഹ് അത് സ്വീകരിച്ചാ സിദ്ധാന്തമായില്ലേ സിദ്ധാന്തമായി ധർമാദികളിപ്പോ അവർ പ്രപഞ്ചാണ് എല്ലാ ധർമാദികളെന്തോണ്ട് പോകുന്നുണ്ട് അവൈദ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികളിപ്പോ അവർ ഏപ്തില്ലാതെ പോവും നിർമാധികളിൽ പോവു സിദ്ധാന്തിയോടെ ഡെഫിനേഷൻ അനുസരിച്ച് അപ്പൊ പിന്നെ അപരോഷാര യോഗ്യത് ഒന്ന് ചേർത്താ ർമാതി പോകത്തില്ല അവിരോഷവാര യോഗ്യമാണോ അല്ല അവ അതാണല്ലോ നേരത്തെ പറഞ്ഞത് എന്താണോ അത് പറഞ്ഞിട്ടാണ് അല്ല നിങ്ങളിപ്പം വീണ്ടും അതന്നെ പറയുന്നു അവർ അവർ ഫലവ്യാപ്തി ഇല്ലാത്തത് കൊണ്ട് ലക്ഷ്യത്തെ സമന്വയിക്കുന്നു അപ്പൊ ബലവ്യാപ്തി ഇല്ലാത്തതാണ് ധർമാധികം ധർമാധികള് അവിടെ സജ്ജയിക്കുന്നു പറഞ്ഞു അപരോക്ഷകാരോഗ്യത്വം ചേർത്തു രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാലും സൂതുക്കാതുകളിൽ പോകുന്നു അവസരോക്ഷരോഗ്യത്വം അപ്പം പറഞ്ഞു അപരോക്ഷകാരോഗ്യത്വം അതിനൊന്നും ഇല്ല ൂതുക്കാദികളിലൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ പോകുന്നില്ല അപ്പൊ ഇവിടെ അതാണ് നേരത്തെ പറഞ്ഞ ലക്ഷണത്തിൽ പരിഷ്കാരമൊന്നും വരുത്തിയില്ല ലക്ഷണത്തെ അങ്ങനെ തന്നെ വച്ചു വച്ചിട്ട് അതിന്റെ അർത്ഥത്തിൽ ഒരു പരിഷ്കാരം വരുത്തുകയാണ് ഒന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും കൊണ്ട് ഉറകൊന്നും ചെയ്യുന്നില്ല അർത്ഥത്തെ മാറ്റുകയാണ് അതാണ് ദളപ്രയോജനം രണ്ട് തരത്തിൽ ചിലപ്പോ എന്തു ലക്ഷണത്തെ പുതിയ പദങ്ങൾ ചേർത്ത് പരിഷ്കരിക്കും ചിലപ്പോ എന്തു അതിന്റെ അർത്ഥം പുതിയ അർത്ഥം കുറക്കും ഇവിടെ അതാ ചെയ്തത് എന്നുവെച്ചാൽ പരോക്ഷകാര യോഗ്യത്വം എന്ന് പറയുന്നത് അധ്യസ്ഥമായ ഒന്നിലും എന്ന് പറഞ്ഞു അപ്പം ലക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും പദത്തെ അർത്ഥത്തെ മാറ്റിയതേ ഉള്ളൂ അപ്പോ അപരോക്ഷകാര യോഗ്യത്വം സുഖദുഖാതിലില്ലെന്നേ പറഞ്ഞോളൂ ഇപ്പോഴാണ് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലും ഇല്ലല്ലോ വേണ്ട പ്രപഞ്ചത്തിലും ഇല്ല എന്നുവെച്ചാൽ അപരോക്ഷകാരോഗ്യത്വം പൂർവോക്ഷി പറയുന്ന അനുസരിച്ച് പ്രപഞ്ചത്തിലുമില്ല ശ്രദ്ധാന്തിയല്ല പറയും ഒരിടത്തും ഇല്ല അപ്പോ അവതി അപരോക്ഷഹാരോഗ്യത്വം എന്ന് പറയുന്ന ലക്ഷണത്തിന് എന്ത് സംഭവിക്കും അതുമാത്രം സമന്വയിച്ചാൽ പോലെ അതവിടെ സമന്വയിച്ചാൽ മതിയുണ്ടോ പ്രപഞ്ചത്തിൽ ലക്ഷണം പോകുന്നില്ല ഘടാദികളിൽ അവിടെ അവരോക്ഷഹാരയോഗ്യത്വം പിന്നെ ധർമാദികളും പോകുന്നില്ല പിന്നെ അവസ്ഥ അപരോക്ഷ യോഗ്യത്വം എവിടെയുള്ളത് സാക്ഷി മാത്രമേ ഉള്ളൂ പക്ഷെ പൂർവക്ഷി പറയുന്ന അപരോക്ഷോഹാരോഗ്യത്വം അത് സിദ്ധാന്തി അംഗീകരിക്കുന്നു ഒരു വസ്തു അധ്യസ്തമാണെങ്കിൽ അതിൽ അപരോക്ഷവും ആരോ യോഗ്യത്വം ഇല്ല എന്ന് പറയുന്ന കാര്യം സിദ്ധാർത്ഥി അംഗീകരിക്കുന്നു അത് ഞങ്ങളുടെ സിദ്ധാന്തമല്ല അതിനോട് പറയുന്ന എന്താണ് എൻ്റെ സതി അവേദ്യ വിശേഷണത്തിന്റെ വിവിഛേദ്യമസ് അവേദ്യത്വം എന്ന് നിങ്ങൾ ഈ പറയുന്ന അർത്ഥം അനുസരിച്ചിട്ടാണെങ്കിൽ അവേദ്യത്വത്തിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത് അപരോക്ഷകാരോഗ്യത്വത്തിന്റെ അല്ല അവേദ്യത്വത്തിന്റെ അതിന്റെ ആവശ്യമില്ല അപരോക്ഷകാരോഗ്യത്വം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന് മാത്രേം ഫിറ്റാകത്തുള്ളൂ അത് പ്രപഞ്ചത്തിനും പോകുന്നില്ല ശുക്തിരഹിതാദികളും പോകുന്നില്ല ഒരിടത്തും പോകുന്നില്ല അവേദ്യത്വത്തിന് പ്രയോജനമില്ലാതെ വരുന്നു ലക്ഷണം എന്തുവാ അപരോക്ഷ്യത്വം ഇനി ധർമാതി പോവും എന്തുകൊണ്ടവിടെ അവരോഷം ആരോപിട്ടില്ല രജിതർപ്പത്തിൽ പോവോ അവരോഷം ആരോപിത്തോ പ്രപഞ്ചത്തിൽ പോവോ അവരോഷ്യല്ല അവേദ്യത്വ സിതം പ്രയോജനമില്ല എന്നുവെച്ചാൽ അവേദ്യത്വം വേണ്ടെന്നല്ല പിന്നെയോ പിന്നെന്താ പറയുന്നു ഏ എന്താ പറയുന്നു അവേദ്യത്വം വേണന്ന വേണ്ടെന്നോ വേണ്ട അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ലക്ഷണം ഇത്രയും മതി യോഗ്യത്വം ഇത്രയും മതി അവൾ പറയുന്നത് അവേദ്യത്വ വിശേഷണത്തി എന്തുകൊണ്ട് തൊന്മതേ ടാതേരഅതയ അദ്വൈതമനുസരിച്ച് ഘടാദികളും അധ്യസ്ഥമാണോ അപരോക്ഷവാര യോഗ്യത്വ ഭാവും അവരോക്ഷാരോഗ്യത്വം അതിലില്ല ലക്ഷണം അവിടെ പോകുന്നില്ല ശക്തിരേതാദികളി പോകുന്നില്ല അജ്ഞാനാദികളി പോകുന്നില്ല ബ്രഹ്മം അവരോക്ഷാരോഗ്യമാണ് അവിടെയുള്ള അവേദ്യത്വം ചേർത്തത് ഘടാദികളിൽ പോകുന്നോണ്ടാണ് ഇപ്പൊ അവിടെ പോകുന്നില്ല അപ്പ എന്റെ ആവശ്യമില്ല അവരോക്ഷാരോഗ്യത്വം ഘടാദികളിലില്ല അധ്യസ്ഥമായതുകൊണ്ട് മനസിലായോ അവണോ വേണ്ടേ അപരോക്ഷം വേണോ വേണം വേണ്ട വേണോന്നത് മാത്രം അവൈദ്യത്വം വേണോന്നാ വേണ്ടെന്നാ പറഞ്ഞത് വേണ്ട അവൈദ്യം വേണ്ട ആ പൂർവക്ഷി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു സിദ്ധാന്തം പറയാൻ പോകുന്നല്ലേ ഉള്ളു വേണ്ട ഇവിടെ ലക്ഷണം ഇത്രയേ ഉള്ളൂ എന്താണ് അത് വേണോ അപരോക്ഷകാരോപ്യത്വം വേണോ വേണോ എന്നാണോ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് വേണോ എന്നാണോ പറഞ്ഞത് ഏ വേണോ എന്നാ പറഞ്ഞത് അത് വേണം എന്ന് പറഞ്ഞാൽ വേണമാണ് മാറ്റാൻ അത് മതി എന്നാണോ അതിന് സമാനം പറയുന്നു പക്ഷെ നേരത്തെ സിദ്ധാന്തി പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു അതിവിടെ പറയുന്നു അത് ശരിയല്ല വ്യവഹാര ദിശയാം പ്രത്യക്ഷ പ്രമാണ വിഷയാണ് അപരോക്ഷ വ്യവഹാര സിദ്ധാന്തി പറഞ്ഞു അദ്വൈതികൾ ഒന്നും സ്വീകരിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ൾ അതിലോക്ഷോഹാരോഗ്യത്വവും അജ്ഞാനാദികൾ അവരോക്ഷോഹാരോഗ്യത്വം ഇല്ല അത് അധ്യാസം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അത് മാത്രമാണ് കാരണം പിന്നെന്താ കാരണം ദശ അല്ലേ വ്യവഹാരദിശയല്ലേ അഹം സുഖി എന്ന് പറയുന്ന വ്യവഹാരദിശയല്ലേ പിന്നെന്താ വ്യത്യാസം അഹസു എന്ന് പറയുന്ന അനുഭവ വ്യവഹാരം എന്ന് പറയാൻ പറ്റും ആ അവിടെ അതാണ് പ്രത്യേകത ഇന്ദ്രിയാർത്ഥ സന്നികർഷം അതുകൂടെ അഭ്യാസം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അപരോഷം എന്ന് പറയുന്ന ഇന്ദ്രിയാർത്ഥ സന്നികർഷമുണ്ടായി വൃത്തിവ്യാപ്തി ഉണ്ടായി ചിതാഭാസൻ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നിടത്താണ് അപരോക്ഷ വ്യവഹാര അവിടെ വരും എവിടെയാണോ ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടായി വൃത്തിവ്യാപ്തി ഉണ്ടായി ഫലം വ്യാപ്തി ഉണ്ടാകുന്നത് അവിടെ അപരോഷാരയോഗ്യത്വം വരും അധ്യസ്തമാണെങ്കിലും അല്ലെങ്കിൽ അധ്യസ്തമല്ലെങ്കിൽ അവിടെ വരുന്നു അപരോഷകാരോഗ്യത്വം വസ്തുക്കളിലേ എവിടെ വരുന്നു ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക ഞാൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തിരിച്ചും ചോദിച്ചു സാക്ഷിയില് കറക്റ്റ് ശ്രദ്ധിച്ച ആള് തിരമ്പ അധ്യസ്തമല്ലെങ്കിലും അവരോഷകാരോഗ്യത്വം വരുന്ന എവിടെ സാക്ഷി അധ്യസ്തമായ അവരോഷകാരോഗ്യത്വം വരണമെങ്കിൽ എവിടെയെ വരത്തുള്ളൂ പ്രപഞ്ചാതെ ഏ സുഖാ അധ്യസ്തമുള്ള സ്ഥലത്തിൽ എവിടെയാണോ ഇന്ദ്രിയർത്ഥ സന്നിവേശമുണ്ടായി വൃത്തിവ്യാപ്തി ഉണ്ടായി ബലവ്യാപ്തി ഉണ്ടാവുന്നു അവിടെ വരത്തുള്ളു അവരോക്ഷകാര വിഷയത്തും അതുകൊണ്ട് സുതുക്കാധികൾ വരുന്നില്ല എന്തുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടല്ല പിന്നെ എന്തുകൊണ്ട് ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഉണ്ടായി വൃത്തിവ്യാപ്തി ഉണ്ടായി ബലവ്യാപ്തി ഉണ്ടായി അവരോക്ഷകാര വിഷയത്തും രജതത്തിലുണ്ടാവുന്നില്ല എന്തുകൊണ്ട് ന്ദിരാർത്ഥി സന്നിവേഷ ചിതാഭാസനുണ്ടായി വൃത്തിവ്യാപ്തി ഫലം വ്യാപ്തി ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് ധർമാധികളുണ്ടാവുന്നില്ല സന്നിവേഷ വൃത്തിവ്യാപ്തി ഉണ്ടായി ഫലവ്യാപ്തി ഉണ്ടാവുന്നില്ല അപ്പോ അപരോക്ഷകര യോഗ്യത്വം എന്ന് പറയുന്നത് പിന്നെ എവിടെ ഉണ്ടാവുന്നുള്ളത്യം പിന്നെ സ്ഥലങ്ങളിൽ ഇന്ദ്രിയ സന്വേഷം ഉണ്ടായി വൃത്തി വ്യാപ്തി ഉണ്ടായി ഫലവ്യാപ്തി അതായത് അതിനാണ് വ്യവഹാരിക വസ്തുക്കൾ എന്ന് പറയുന്നത് വ്യാവഹാരിക പദാർത്ഥങ്ങളിലെല്ലാം ഉണ്ടാകാം വ്യാവഹാരികം എന്ന് പറയുമ്പോ രണ്ടും ചേരണം വ്യവഹാരികമെന്ന് പറഞ്ഞാലും പോരാ അവിടെ വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും ഉണ്ടാകുകയും വേണം ഇപ്പൊ വ്യവഹാരികമായ പദാർത്ഥങ്ങളിൽ വൃത്തി വ്യാപ്തിയും ബലവ്യാപ്തിയും ഉണ്ടാകുന്ന സ്ഥലത്തെ എന്തുണ്ടാവത്തുള്ളു അപരോക്ഷ യോഗ്യത്വം ഉണ്ടാകത്തുള്ളു അപ്പൊ ഘടാതികളിൽ ഉണ്ടാവും അപ്പൊ അപരോക്ഷ വ്യവഹാര യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ലക്ഷണം അവിടെ പോകും അപ്പൊ അത് ഒഴിവാക്കാൻ എന്ത് വേണം വേദ്യത്വം എന്ന് പറഞ്ഞാൽ അവിടെ പോകത്തില്ല എന്തുകൊണ്ട് ഘടാതികളിൽ എന്തുകൊണ്ട് പോകുന്നില്ല ഘടാതികളിൽ എന്തുകൊണ്ട് പോകുന്നത് കറക്റ്റ് ഉത്തരം വരണം എന്തുകൊണ്ട് കടാ പോകുന്നില്ല ഫലവ്യാപ്തി ഉള്ളതുകൊണ്ട് വേദ്യ അവേദ്യം എന്ന് നമുക്ക് പറഞ്ഞാൽ എവിടെയും ഇവിടെ പറയുന്ന സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത് അധ്യസ്തമാണ് അവിടെ ഫലവ്യാപ്തി ഉണ്ട് അങ്ങനെ തന്നെ മനസ്സിലാവും എല്ലാം അധ്യസ്ഥമാണ് എല്ലാം അന്ത്യസ്തമാണ് പക്ഷെ ഫലവ്യാപ്തി ഉള്ളിടത്താണ് എന്ത് പറയുന്നത് അപ്പോ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നവരോക്ഷകാര യോഗ്യത്വം ഘടാധികളിൽ പോകും അപ്പോ അതിലൊരു അതുകൊണ്ട് ഘടാധികളിലെ ബ്രഹ്മത്തിലാ പോവേണ്ടത് അപ്പോ എന്ത് ശരി അപ്പോ ഒരു ചോദ്യം വരും അവരോഷവര യുഗിത്വം ഫലവ്യാപ്തി ഉള്ളിടത്താണ് പോകുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ പോകുക ലക്ഷണം അവിടെ എങ്ങനെ അവരോഷവോരായുഗിത്വം ബ്രഹ്മത്തിൽ മാത്രം ഫലവ്യാപ്തിയും രോഷകോര യുഗിത്വം എന്ന് പറയുന്നത് ഫലവ്യാപ്തി ഉള്ളിടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ബ്രഹ്മത്തിൽ ഫലവ്യാപ്തിയില്ല അപ്പൊ അവിടെ പോവുമോ അതിനാണ് അവേദ്യം ചേർത്തത് അവേദ്യം ചേർക്കുമ്പോൾ അവിടെയുള്ള ഫലവ്യാപ്തിയെ ഒഴിവാക്കി എന്നുവെച്ചാൽ അപരോഷകാര യോഗ്യമാണ് എന്നാൽ ഫലവ്യാപ്തിയില്ല അവേദ്യം എന്ന് പറഞ്ഞുകൊണ്ട് വേദ്യം എന്ന് പറയുന്നത് എന്തായി ഫലവ്യാപ്തി ഉള്ള അവേദ്യം എന്ന് പറയുമ്പോൾ എന്തായി അപ്പോൾ എന്തായാലും ബ്രഹ്മത്തിൽ ഫിറ്റാവും ഈ ഒരു കാരണം കൊണ്ടല്ല വേറെയും കാരണങ്ങളുണ്ട് മനസ്സിലായ ഒരു കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ബാക്കി കാരണം നിങ്ങൾ കണ്ടുപിടിച്ചാലും കുഴപ്പം വിരോധം എനിക്കൊരു വിരോധമുണ്ട് ഇനി കടത്തിപ്പോവോ എന്തുകൊണ്ട് ബനവ്യാപ്തി ഉണ്ട് അവൈദ്യത്വം ചേർത്തത് പോകുന്നില്ല അതുകൊണ്ടാ പോകാത്തത് അപരോക്ഷകാര യോഗ്യത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൽ പോകും അപ്പൊ അവൈദ്യത്വം ചേർത്തുകൊണ്ട് രണ്ട് പ്രയോജനം വന്നു ഒന്നെന്താണ് കടാലികളിൽ പോകുന്നില്ല ലക്ഷ്യത്തിൽ ബ്രഹ്മത്തിൽ പോവുകയും ചെയ്യുന്നുള്ളൂ നമ്മുടെ ഫലവ്യാപ്തി നിഷേധിച്ചു അപ്പൊ അവൈദ്യത്വസതി അവരോക്ഷകാരോഗ്യത്വം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ മാത്രമേ പോകുന്നുള്ളൂ പിന്നെ ഒരു കാരണം കൂടെ അവിടെ രണ്ടാമത്തൊരു കാരണം എന്താണ് അവേദ്യത്തെ സ്ഥിതി അപരോക്ഷകാരോഗ്യത്വം എന്ന് പറയുമ്പോൾ അപരോക്ഷകാരോഗ്യത്വത്തിൽ ബലവ്യാപ്തിയെ അംഗീകരിച്ചത് അധ്യസ്ഥമായ കാര്യങ്ങളിലാണ് അല്ലേ അധ്യസ്തമായ കാര്യങ്ങളിലാണ് സ്വീകരിച്ചത് പക്ഷെ അവേദ്യത്തെ സ്ഥിര അപരോക്ഷകാരോഗ്യത്വം എന്ന് പറയുമ്പോൾ അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് അധ്യസ്ഥമല്ല അപ്പോൾ അതൊക്കെ ആ അർത്ഥങ്ങളൊക്കെ ഇതിലുണ്ട് ഈ പദങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ അർത്ഥങ്ങളുടെ ചേർക്കണം അപ്പോ അപരോക്ഷഹാരോഗ്യത്വം എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തെ സമന്വയിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് അത് അധ്യസ്തമായിരിക്കാൻ പാടില്ല അവിടെ ഫലവ്യാപ്തി പാടില്ല അതെല്ലാം പരിഹരിച്ച് അത് പരിഹരിക്കാൻ വേണ്ടി എന്തേ അവർത്തു ലക്ഷ്യത്തിൽ സമന്യിപ്പിക്കുന്നു ഇതിലല്പര് വളഞ്ഞ വഴിയുണ്ട് എളുപ്പവഴിയിൽ ഇതിലെ എളുപ്പവഴിയിൽ ലക്ഷ്യത്തിൽ സമന്യിപ്പിക്കാം വളഞ്ഞ വഴി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പവഴി മനസ്സിലാക്കാൻ എളുപ്പമാകുമല്ലോ അതുകൊണ്ട് ഈ വളഞ്ഞ വഴിയൊന്നും ചിന്തിച്ച് മനസ്സിലാക്ക അപരോഷവാരൻ യോഗ്യത്വം എന്ന് പറയുമ്പോൾ അധ്യസ്ഥമായതുകൊണ്ട് സുഖദുഖാദികളിലും രജ്യസർപ്പാദികളിലൊന്നും പോകുന്നില്ല അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കടപടാധികളിലും പോകും അവിടെ പോകത്തില്ല ചുരുക്കി പറഞ്ഞെന്താണ് വ്യവഹാര ദശയിലുള്ള വ്യവഹാരിക സത്യുള്ള ഒന്നിനും ഞങ്ങൾ അങ്ങോട്ട് അതിനെ അതിന് പോകുന്നില്ല അത് ഉള്ളത് കൊണ്ട് എന്ത് വരുന്നു അവിടെ അപരോക്ഷ ആരോഗ്യത്തൊന്നും ഞങ്ങളത് അംഗീകരിക്കുന്നു അതുകൊണ്ട് അവധ്യത്വം ചേർത്തു അപ്പൊ അങ്ങോട്ട് പോകുന്നില്ല അപരോക്ഷ യോഗ്യത്വം ഉണ്ടെങ്കിലും അത് അവേദ്യമല്ല ഞങ്ങൾ അവേദ്യം എന്ന് പറയുമ്പോ അവിടെ വൃത്തിവ്യാപ്തിഷേധിക്കാണ് അപ്പൊ അവരോക്ഷകാരോഗ്യത്വത്തെ സ്വീകരിക്കാൻ വേണ്ടി വൃത്തിവ്യാപ്തിയെ സ്വീകരിച്ചു ലക്ഷ്യത്തെ സമന്വയിപ്പിക്കാൻ വേണ്ടി എന്തു പറഞ്ഞോ വൃത്തിവ്യാപ്തിയെ നിഷേധിച്ചു അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ അവേദ്യത്വം ചേർത്തത് ഫലവ്യാപ്തി ഫലവ്യാപ്തി സോറി ഫലവ്യാപ്തി നിഷേധിക്കാൻ വേണ്ടിട്ടാണ് അവേദ്യത്വം ചേർത്തത് അപ്പൊ അവേദ്യത്വം ഇഷ്ട അപരോഷകാര എന്ന് പറയുമ്പം ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നു വേറെ എവിടത്തും പോകുന്നുണ്ട് അപ്പൊ ഒരു വാക്കിന് രണ്ടർത്ഥമല്ല പറയുന്നത് മറ്റൊരു പദം ചേർത്ത് അർത്ഥം കിട്ടാൻ വേണ്ടിട്ട് അരോക്ഷകാര യുഗിത്വം എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തിവ്യാപ്തി വരും ഫലവ്യാപ്തിയും വരും രണ്ടും വരും വൃത്തിവ്യാപ്തിയും വരുന്നു ഫലവ്യാപ്തി അതിൽ പിന്നെ വൃത്തിവ്യാപ്തിന്റെ കാര്യത്തി ഒരു രണ്ടഭിപ്രായമുണ്ട് തൽക്കാലം അങ്ങോട്ടും പോകും ഫലവ്യാപ്തി വരുന്നു അതുകൊണ്ടാണ് ഘടപടാതികളിലെല്ലാം ലക്ഷണം പോകുന്നത് പക്ഷെ അവൈദ്യത്വം ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അതങ്ങ് ഒഴിവായി അപ്പോൾ അവൈദ്യത്തെ വിശിഷ്ട അപരോക്ഷ യോഗ്യത്വം ലക്ഷ്യത്തിൽ മാത്രമേ ഉള്ളൂ ഘടപടാതികളിൽ പോകുന്നു അതുകൊണ്ട് അവിടെ ഫലവ്യാപ്തി വൃത്തിവ്യാപ്തി എന്ന് പറയാതെ കൂടെ പറഞ്ഞു വ്യവഹാര ദശയിലുള്ള വസ്തുക്കളിൽ എന്താണ് അപരോക്ഷോഹാര യോഗ്യത്വം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അപരോക്ഷോപാര യോഗ്യത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കടപടാതികളിൽ പോകും അത് ഒഴിവാക്കാൻ വേണ്ടി അവേദ്യത്വം എന്നുകൂടി പറഞ്ഞു അപ്പോൾ അവേദ്യത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കുമെന്നുള്ള വേറെ വിഷയം അപ്പോ അവേദ്യത്വ വിശിഷ്ട അപരോക്ഷകാര വിഷയത്വം എന്ന് പറയുമ്പോൾ പോകുന്നില്ല ബ്രഹ്മത്തിൽ മാത്രമേ പോകുന്നുള്ളൂ ഇത്രയും പറഞ്ഞു ഇനി കുറച്ചുകൂടി പറയാനുണ്ട് ഈ കാര്യത്തിൽ തന്നെ തൊന്മതേ ഘടാതേരപ്പ് അധ്യസ്ഥതയ അപരോക്ഷകാര യോഗ്യത്വ പൂർവ്വത്തിനോട് അന്വേഷിക്കണം അവശേഷണ നവിവച്ഛേദ്യമർത്തി അവധ്യത്വം എന്ന് പറയുന്ന വിശേഷണം കൊണ്ട് പ്രയോജനമില്ല അപരോഷകാര യോഗ്യത്വം ഘടകാദികളിലും ഇല്ല എന്ന് പൂർവക്ഷ പറയും അപരോഷകാര യോഗ്യത്വം എന്ന് പറഞ്ഞാലും ബ്രഹ്മത്തിന്റെ ലക്ഷണം ഹിറ്റാകും ഘടകാതികളിൽ അതിവ്യാപ്തി ഉണ്ടാകത്തില്ല അവൈദ്യത്വം വിടാം ഇതാണ് പൂർവക്ഷ പറയുന്നത് സിദ്ധാന്തം പറയുന്നു നൈവം വ്യവഹാരദശേഷം പ്രത്യക്ഷപ്രമാണവിഷയാണോഹാരോഗ്യത അംഗീകാരോഹാരോഗ്യത്വം ഉണ്ട് അവൈദ്യത്വം പറഞ്ഞില്ലെങ്കിൽ അവിടെ ലക്ഷണം അതിവ്യാപ്തമാകും അതെന്ന് പറയുന്നത് വ്യവഹാരദശേഷാം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണവിഷയാണോ പ്രത്യക്ഷപ്രമാണ വിഷയം എന്ന് പറയുന്നത് ഫലവ്യാപ്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അപരോക്ഷ്യത അംഗീകാരം ഉണ്ട് അപരോക്ഷം പറഞ്ഞാൽ ഘടാദികളിൽ അതിവ്യാപ്തിയാകും അത് പരിഹരിക്കുന്നതിന് അവൈദ്യത്വം കൂടെ ചേർക്കണം അപ്പൊ അവൈദ്യത്വ സേവരോക്ഷ വിഷയത്വം യോഗ്യത്വം ബ്രഹ്മത്തിൽ മാത്രമേ ഉള്ളൂകളിൽ ഇല്ല ലക്ഷണം പൂർണമാണ് ലക്ഷണത്തിൽ ദോഷം മനസിലായി കഴിഞ്ഞാൽ ഇവിടെ നിന്നും മളഞ്ഞുപോകും കുറച്ചുകൂടി സിമ്പിളായ മറുപടി ഇനി പറയും ഇത് മനസിലായി കഴിഞ്ഞ ഇനി സുഖതുക്കാദികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ സാക്ഷി അധ്യസ്ഥമെന്ന് അധ്യസ്ഥമായതുകൊണ്ടാണ് അതിന്റെ അപരോക്ഷാനുഭവം ഉണ്ടാവുന്നത് കടപടാദികൾ അധ്യസ്ഥമാണെങ്കിലും അവിടെ വൃത്തിവ്യാപ്തിയും ഫലം വ്യാപ്തിയും രണ്ടു അവിടെ അപരോക്ഷത്വമുണ്ട് കിടപെടാറില്ല സാക്ഷിയിലപരോക്ഷത്വം ഇല്ല സാക്ഷിയിലെ വിഷയ സാക്ഷ്യം സാക്ഷ്യത്തിൽ അപരോക്ഷത്വം ഇല്ല സാക്ഷിയില്ല സാക്ഷി അപ്പോ അപരോക്ഷത്വം സാക്ഷ്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഇല്ല ഇടപെടാതികളിൽ അനുഭവപ്പെടുന്നുണ്ടു ഇതിന് കാരണം അധ്യാസം മാത്രമല്ല പിന്നെന്താണ് ഇന്ദ്രിയ വിഷയത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ് സാക്ഷിയിൽ അധ്യസ്ഥമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ദ്രിയ വിഷയത്വം അവിടെ അപരോക്ഷത്വം ും കക്ഷിയിൽ അധ്യസ്ഥമായത് കൊണ്ട് ഇന്ദ്രിയാർത്ഥത്തിന്റെ ഒരു വർഷത്തും ഇല്ല കടപടാതികൾ ബ്രഹ്മത്തിൽ അധ്യസ്ഥമാണ് എന്നാലും അവിടെ ഇന്ദിരാ സന്വേഷം ഉള്ളതുകൊണ്ട് അപരോക്ഷത്വം ഉണ്ട് അധ്യാസം എന്ന് പറയുന്നത് രണ്ടിടത്ത് സമാനമാണ് പക്ഷെ ഒരിടത്ത് അപരോക്ഷത്വത്തെ നിഷേധിക്കുന്നു ഒരിടത്ത് അപരോക്ഷത്വത്തെ അംഗീകരിക്കുന്നു സാക്ഷിയിൽ അധ്യസ്തമായടത്തും കടപ്പെടാതിരിക്കുന്നു അപരോക്ഷത്വത്തെ അനുഭവമുണ്ട് പക്ഷെ ഒരിടത്ത് ഉണ്ട് വേറിടത്ത് ഇല്ല അതാ വ്യത്യാസം അനുഭവത്തിന്റെ കാര്യം പറയുമ്പോൾ രണ്ടിടത്തും ഉണ്ട് ോക്ഷത്തോരിടത്ത് ഇല്ല ഉണ്ട് ഇതായി പറയുന്നതിന്റെ വ്യത്യാസം പക്ഷെ രണ്ടിടത്തും അധ്യസ്ഥമാണെങ്കിലും സാക്ഷിയിലധ്യസ്ഥമായിട്ടും ഘടത്തിന് ഘടം ബ്രഹ്മത്തിൽ അധ്യസ്ഥമാണ് അതിനുള്ളതുപോലെയുള്ള വ്യാവഹാരിക സത്ത സോതുക്കാതികൾക്കുണ്ടോ ഇല്ല ഇല്ല സോതുകാദികൾക്ക് അതുപോലെയുള്ള സത്തയുണ്ടോ വ്യാവഹാരിക സത്ത വ്യാവഹാരികമായ സത്ത സോതുകാതികൾക്കുണ്ടോ എന്തുകൊണ്ട് സത്യം അധ്യസിച്ചതാണ് സ്വത്താദികൾക്ക് ഘടപടാതികളെ പോലെയുള്ള വ്യവഹാരിക സത്യുണ്ടോ ഉണ്ട് രണ്ടും അനുഭവം ഉള്ളത് കൊണ്ട് വ്യവഹാരിക സത്യുണ്ട് അതുപോലെ ഉണ്ടെങ്കിൽ പിന്നെ രജിസർപ്പത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് വ്യവഹാരിക സത്യുണ്ട് പിന്നെ ഏതുപോലെയെന്നാ ഞാൻ ചോദിക്കുന്നത് അതുപോലല്ലെന്ന് എനിക്കും അറിയാം ഘടാതികളെ പോലെ ഏഹ് എങ്ങനെ ഇല്ല എന്തുകൊണ്ടില്ല ഇന്ദ്രിയാഴ്ച സന്നിവേശം ഇല്ലാത്ത അപ്പം ഇന്ദ്രിയാഴ്ച സന്നിവേശം ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് സുഖ ദുഃഖാദികൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം സത്യമാണോ അസത്യമാണോന്ന് സ്വീകരിക്കുന്നത് ഇന്ദ്രിയാള അന്വേഷണം നോക്കിട്ടാണ് ആണോ അതിങ്ങനെ പാരമാർത്ഥികമായി സത്യം പോട്ടെ ഇവിടെ ചോദിക്കുന്ന സുഹൃത്തുക്കാദികളെയും കടപ്പെട്ടാദികളെയുമാണ് രണ്ടിനും സത്യം ഒരുപോലെയാണോ അതേ വ്യത്യാസമുണ്ടോ വ്യത്യാസം മൂന്ന് തരത്തിലെ അവരും പറ്റുമോന്നു ഈ പാരമാർത്ഥികം അല്ലെങ്കിൽ വ്യവഹാരിക അല്ലെങ്കിൽ പ്രാതിഭാസി മൂന്നു തരത്തിൽ കടപെടാതികളുടെയും സുഹതുക്കാദികളുടെയും സത്ത എന്ന് പറഞ്ഞതിൽ ഏതാണ് പ്രാതിഭാസികമാണോ വ്യാവഹാരികമാണോ പാരമാർത്ഥികമാണോ അപ്പൊ പിന്നെന്താ രണ്ടും ഒരുപലല്ലെന്ന് നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വിദ്യാർത്ഥികൾ അപ്പോ സുഹതുക്കാദികളെ വ്യവഹാരികമെന്ന് പറയാൻ പറ്റുമോ അപ്പൊ വ്യാവഹാരികമായ അപരോക്ഷതയല്ലേ അതിലുള്ളത് വ്യവഹാര ദിശയിലല്ലേ അത് നിക്കുന്നത് വ്യാവഹാരികമായ അപരോക്ഷതയല്ലേ അതില്ലേ വ്യവഹാരികമായ അപരോക്ഷതയുണ്ടെങ്കിൽ ഘടപടാതികളും വ്യാവഹാരികമായ അപരോക്ഷതയല്ലേ പിന്നെ ഒന്ന് കല്പിതവും മറ്റേത് അല്ല എന്നും പറഞ്ഞ എന്തോ ഒന്നിന് ഇന്ദ്രിയാർത്ഥം മറ്റതിലില്ല അത് ചോദിക്കുന്നത് വൃത്തിവ്യാപ്തിയുടെ കാര്യം ഫലം വ്യാപ്തിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നു സത്തയുടെ കാര്യമാണ് ബ്രഹ്മത്തിൽ അധ്യസ്ഥമാണ് ഘടം സാക്ഷിയിലധ്യസ്ഥമാണ് സുഹൃദുപ്പാദികൾ എന്നുള്ള പറയുന്നു രണ്ടിന് സത്ത ഒന്നാണ് വ്യാവഹാരിക സത്തയാണ് അങ്ങനെയാണെങ്കിൽ സുഹതുപാദികളിലുള്ള അപരോക്ഷത കല്പിതമൊന്നും അപരോക്ഷത വ്യാവഹാരികമൊന്നും ഇങ്ങനെ വേർതിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു രണ്ടും വ്യവഹാരികളെ കല്പന ഉണ്ടെങ്കി രണ്ടിടത്തും ഇല്ലേ ഇവിടെ അപരോക്ഷതയിലെ വ്യത്യാസം പറഞ്ഞിട്ടില്ല അപരോക്ഷതയിലെ വ്യത്യാസം പറഞ്ഞിട്ടില്ലല്ലോ അപരോക്ഷത അപരോക്ഷതയിലെ വ്യത്യാസമൊന്നും ഇല്ലെന്നാണോ പറയുന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞല്ലാം പോയ ചിന്തിച്ചു ഒരു കൺഫ്യൂഷൻ ലിട്ടിരിക്കും